പന്ത്രണ്ടാം സർഗം വൈരാഗ്യപരണത്തിൽ പ്രഥമ പരിതാപം രാമന്റെ ആധിയെക്കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ രാമൻ്റെ വിരക്തിയെക്കുറിച്ച് പറയും അവിടെ വിരക്തി എന്ന് പറയുന്നത് വിചാരം കൊണ്ട് സംഭവിച്ചാണ് അത് നേരത്തെ പറഞ്ഞു പെട്ടെന്നൊരു വിരക്തി ഉണ്ടായല്ല ശ്മശാന വൈരാഗ്യം അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ോകത്തിലുള്ള എല്ലാത്തിനോടും ഒരു വിരക്തി വരും അത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറും കാരണം അവിടെ വിചാരമില്ല രാമന്റെ വിരക്തി എങ്ങനെയല്ല വിചാരം കൊണ്ടാണ് ആ വിചാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്വയം തന്നെ പറയും അടുത്ത് അസതൈവയം കഷ്ടം വികൃഷ്ഠ മൂഢബുദ്ധിയ മൃഗ തൃഷ്ണാംഭസ ദൂരെ വനേ മുഗ്ധ മൃഗ ഇവ ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ടാം ശ്ലോകത്തിൽ പതിനൊന്ന് മൂഢ ബുദ്ധയ വയം മൂഢബുദ്ധികളായ നമ്മൾ എന്താണ് അസത അസത്ത് നിസ്സാരമായ വസ്തുക്കളെ കൊണ്ട് കഴമ്പില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് വികൃഷ്ഠ വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുകയാണ് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ സുഖഭോഗങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു കഷ്ടമാണ് രാമസ്വയം പറയുന്നു എൻ്റെ മനസ്സും അങ്ങനെയൊക്കെയാണ് അത് ഏതുപോലെ മൃഗതൃഷ്ണാംബസ മരും മരീചികയിലെ ജലം കൊണ്ട് ദൂരെ വന മുഗ്ധ മൃഗമായ ദൂരെ വനത്തിൽ നിന്ന് നോക്കുമ്പോൾ വനത്തിൻ്റെ സമീപത്തുള്ള മരുപ്രദേശങ്ങളിൽ വളരെ ദൂരെ ജലങ്ങളാണ് അത് മരുഭൂമിയിലെ ഒരു പ്രതിഭാസം മാത്രമാണ് പക്ഷേ അത് സത്യമാണെന്ന് കരുതുന്ന അതാണ് മുഗ്ധ മൃഗം മോഹിക്കപ്പെട്ട മാന അവർ ദൂരെ വനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അവർ വനം വിട്ടിട്ടെന്ത് ചെയ്യും നേരെ മരുഭൂമിയിലേക്ക് ഓടുക വെള്ളം കുടിക്കാൻ ഇതുപോലെയാണ് മനുഷ്യൻ ഈ ലൗകികമായ ഭോഗ സുഖങ്ങളുടെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് വലിച്ചയക്കപ്പെടുകയും കഷ്ടമാണ് എന്ന് സ്വയം പറയും ഇതാണ് രാമൻ്റെ വിചാരം അതുകൊണ്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല ഞാൻ ഇതിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുന്നു എന്നാണ് അപ്പോൾ രാമന്റെ വിചാരം വളരെ യുക്തിയുക്തമാണ് വെറുതെ എന്തെങ്കിലും ചിന്തിക്കുകയല്ല സാധാരണ വിഷാദങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാൽ ഇതൊരു വിഷാദം വല്ലതെന്ന് യോജിച്ചാൽ വിഷാദം വിചാരം കൊണ്ടും വരും വിചാരം കൂടാതെയും വരും രണ്ടു തരത്തിലും വരും അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം അപ്പോൾ ഇത് വിചാരം കൊണ്ടുവരുന്ന ഒരു വിഷാദമാണ് ഇതിന് ആത്മീയ വിഷാദം എന്ന് പറയും രണ്ടും ഫലത്തിലൊന്നുപോലാണ് എന്താണ് വിരക്തനാകുന്നത് ലൗകികമായ ഈ ലൗകികം എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന എന്ന അർത്ഥമാണ് നമ്മൾ ധരിക്കുന്ന പോലെ ഒരു മോശവർത്ഥം ലോകവിധം ലോകിതം ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്നതാണ് ലൗകികം എന്ന് പറഞ്ഞാൽ സാറിന് എല്ലാ മനുഷ്യർക്കും താല്പര്യമുള്ള വിഷയങ്ങളിൽ ഒരാൾക്ക് താല്പര്യമില്ല അത്രയോ അല്ല ഒരു മോശവർത്ഥത്തിലല്ല പറയുന്നത് അത്പസാരണ മനുഷ്യരിലുണ്ട് എല്ലാ മനുഷ്യർക്കും എല്ലാത്തിലും താല്പര്യമില്ലല്ലോ ചിലർക്ക് താല്പര്യമുള്ളതിൽ മറ്റു ചിലർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇവിടെയും പറയുന്നത് അപ്പോലൗകികത്തിൽ താല്പര്യമില്ലാതെ വരുന്ന വിചാരം കൊണ്ട് എന്ന് പറയുന്നത് വിക്രീത ീതായ സംസ്ഥിത മൂഢാവയും സർവേ ജാനാന അവിശാംബരം ശാംബരം ജാനാനാവിശാംബരമായ ശമ്പരം എന്ന് പറയുന്ന അസുരൻ പ്രയോഗിച്ച വിദ്യകളാണ് എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലത്ത് പെട്ടെന്ന് നിന്ന് അപ്രത്യക്ഷമാകുക അണുവാകുക മഹത്താകുക ഇങ്ങനെ ദിവ്യമായ പല രൂപങ്ങൾ പ്രാപിക്കുക ഇത് ഗണുമായ ചമ്പ്രസുരന്തമായ ഇപ്പൊ ജാന അഭിശാംബരം ഇതൊക്കെ ഒരു മായയാണെന്നറിയാമെങ്കിലും പറയും സർവേ എല്ലാവരും ഭയം നമ്മൾ മൂഢന്മാർ തന്നെയാണ് മൂഢ എന്തുകൊണ്ട് നിച്ച വിക്രീത ഇവിടെ നമ്മളെ ആരും വിപണനം ചെയ്തിട്ടില്ല കച്ചവടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ സാറിനവിടെ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളെയും മറ്റും പോത്തും കുതിരയും കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വാതന്ത്ര്യം അടിമകളാണ് യജമാനൻ അടിമയായിപ്പോ ജീവിതകാലം മുഴുവൻ അടിമയായിരിക്കും പിന്നെ അയാൾക്ക് അതിനെ വിൽക്കാനും വാങ്ങാനും അയാൾ വിൽക്കാനും അധികാരമുണ്ട് അയാൾ അതിനെ വിൽക്കുമ്പോൾ വേറൊരാൾക്ക് വാങ്ങാനും അവകാശമുണ്ട് സ്വയം അതിനും ഒരു അവകാശം പറയുന്നത് നമ്മളെ ആരെങ്കിലും കൂടെ കച്ചവടം ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മളൊരു കച്ചവടം ചേർക്കല്ലെങ്കിലും വിക്രീത യുവ സംസ്ഥിതാ നമ്മളൊരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്തിനാണോ ഇടപെടുന്നത് അതിൽ നിന്ന് നമുക്ക് മാറിയിക്കാൻ കഴിയുന്നില്ല അതിൽ നിന്ന് പിൻവാങ്ങിനിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളെ വീണു പോവും വിവേകമുണ്ടെങ്കിൽ എന്ത് വരുന്നു പ്രലോഭനങ്ങൾ അതിനെ വിട്ടുപോകുന്ന മനുഷ്യൻ മറ്റുള്ളവൻ്റെ പിന്നെ എന്താണ് സ്വത്ത് കാണുമ്പോൾ നമുക്കതിൽ ആഗ്രഹം തോന്നുന്നു സ്വന്തമാക്കണമെന്ന് തോന്നുന്നു അന്യൻ്റെ പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് മോഷ്ടിക്കണമെന്ന് തോന്നുന്നു എന്തേ സാറിന് മനുഷ്യർക്ക് തോന്നുന്നത് ഇങ്ങനെ പല പല പല പല കാര്യങ്ങൾ അപ്പോൾ തൻ്റെതല്ലാത്തതും തനിക്ക് സ്വന്തമാക്കണമെങ്കിൽ അപഹരിക്കാനും മടിക്കത്തില്ല മനുഷ്യൻ അതെന്താണ് ഒരുതരം അത്തരം വിഷയങ്ങളോട് നമ്മൾ പുലർത്തുന്ന മാനസികമായ ഒരു അടിമത്തമാണ് അതാണ് അതാണ് മറ്റുള്ളവൻ്റെതും പിടിച്ചെടുക്കാതെ പിടിച്ചെടുക്കുന്ന സമ്പത്ത് മാത്രമാണോ ആണോ എന്നൊന്നുമില്ല പിടിച്ചെടുക്കുന്നു വേറെ അവൻ്റെ കയ്യിലിരിക്കുന്നത് എന്തായിരിക്കും സമ്പത്ത് തന്നെയാണോ എന്നല്ല അധികാരമായാലും മതി ചുമതലകളായാൽ മതി എന്തായാലും ശരി തനിക്കതിനോടൊരാഗ്രഹം വന്നാൽ അതിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കും എന്ന് വെച്ചാൽ തൻ്റെ പരാധീനതയെ കാണിക്കാൻ സ്വതന്ത്രമായി ഒന്നും മാറിയിക്കാൻ കഴിയുന്നില്ല ആത്മീയം മണ്ണാങ്കട്ട എന്നൊക്കെ പറയുന്ന വെറുതെയാണ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പം മനുഷ്യൻ എന്ത് തനിക്ക് അവിടെ മത്സരിച്ച് പിടിച്ചെടുക്കാനാണ് പൂർണ്ണമായും അവൻ പരാധീനനായി പോകുന്നു ആ പരാധീനതയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടം ചെയ്യപ്പെട്ട മൃഗങ്ങൾക്ക് സമാനം എന്ന് പറയുന്നതാണ് തനിക്ക് തന്നിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യമില്ലാതായി പോകും ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടിങ്ങനായി പോയി ആത്മീയമായ അറിവുണ്ടെന്ന് വിചാരിച്ചൊന്നും യാതൊരു പ്രത്യേകിച്ച് എന്താണ് ഇത്തരം മാനസികാവസ്ഥകളിൽ നിന്നൊന്നും മോചനം ഉണ്ടാകത്തില്ല നമുക്ക് പാട്ടുപാടാൻ അറിയാമെന്ന് വിചാരിച്ചൊന്നും കഥയിൽ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പലതിനും അധീനന്മാരായി തന്നെ പ്രവർത്തിക്കും അതാണ് നമ്മുടെ ഇടയിൽ സംഘർഷങ്ങളുണ്ടാവും അപ്പൊ അവിടെ മത്സരബുദ്ധി വരും പിടിച്ചെടുക്കുന്നതിന് മത്സര ബുദ്ധി വരും ആ ചേർക്കണമെന്ന് അവിടെ പറയുന്നു പക്ഷേ സാറിന് ചേരാറില്ല ആത്മീയം എന്ന് വെച്ചാൽ പൊതുവെ എന്താണ് ഇങ്ങനെ മന്ത്രം ജവിച്ചുകൊണ്ട് വനം വയ്ക്കുക അത് പിന്നെ സർക്കസുകൾ കാണിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ആത്മീയമൊന്നും ധരിച്ചില്ല അതൊക്കെ മുറിക്കകത്ത് കഥ അടച്ച് കുറേ സമയം ഇരുന്നിട്ട് എന്തെങ്കിലുമൊന്ന് കാണിച്ചു കൂട്ടുക പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ പാരകടമായിട്ട് പ്രത്യക്ഷപ്പെടുക ഇതൊക്കെയാണ് ആത്മീയമൊന്നും ആൾക്കാർ ധരിച്ചിരുന്നത് അപ്പോ മറ്റുള്ളവർക്ക് സ്വൈരൊക്കെയായിട്ടുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല ആത്മീയതയിൽ എന്നാലും ചിന്തിക്കാറില്ല ഉണ്ടോ ത്മീയത എന്ന് പറയുന്നത് ആൾക്കാർ ബാഹ്യമായ ചില പ്രകടനങ്ങളിൽ മാത്രം ഒരുക്കും ഇവിടെ ആത്മീയത വിചാരത്തിലൂടെ പരിചയപ്പെടുത്തുക അങ്ങനെ ചിന്തയില്ല ചിന്തിച്ച് ചിന്തിച്ച് പിന്നെ അതിന് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഗുരാളുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല ആത്മീയക്കാരുടെ സ്വഭാവമായിട്ട് പറയുന്നില്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്ന് പറയണം അതാണ് രാമൻ പറയുന്നത് വിചാരം ചെയ്താണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയത് ചിന്തിക്കുന്നില്ല ജീവിക്കുന്നുണ്ട് ആത്മീയ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറും ജപിച്ചുകൊണ്ട് ജീവിക്കാം ഒരു കുഴപ്പമില്ല ജപം ആത്മീയ സാധനം ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങൾ ജപിച്ച് ജീവിക്കുന്നുണ്ട് അതാണ് ഏറ്റവും നല്ല ആത്മീയത പക്ഷെ ഒരു പ്രശ്നം വരും അല്ല നിങ്ങളീ ജപത്തിൻ്റെ ഇടയ്ക്ക് മറ്റ് വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കാകെ പിൻബലമായിട്ടുള്ള എന്താണോ നിങ്ങളുടെ ജപം മാത്രമേ ഉള്ളൂ വിചാരമില്ല അവിടെ മറ്റുള്ളവരോടെങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞുകൂടാ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിംഗ്സ് അതെങ്ങനെ മറ്റുള്ളവർ ഉപദ്രവില്ലാതെ ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാ ആത്മീയക്കാരാണ് ഇപ്പൊ തപസ്സികൾ എന്താണ് അവർ തപസികളായിരുന്ന തപസികളായിട്ട് തന്നെ ഇരിക്കണം വ്യവഹാരത്തിൽ വരാൻ പാടില്ല പ്രവർത്തനത്തിൽ വരാൻ പാടില്ല പ്രവർത്തനത്തിൽ വരികയാണെങ്കിൽ അവർ അതിനുവേണ്ടി പ്രത്യേകം പഠിക്കണം മനസ്സിലാകണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നു അത് ജപിച്ചാൽ കിട്ടുന്ന കാര്യമില്ല തപസ് ചെയ്താൽ കിട്ടുന്ന കാര്യമുണ്ട് സ്വയം വിചാരം ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രത്യേക ട്രെയിനിങ് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോ അതാണ് നമുക്ക് അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇവിടെ ഈ അസഹിഷ്ണുത വരുന്നത് അപ്പോൾ നമ്മൾ വലിയ കർമ്മയോഗികളായിരിക്കും ജപയോഗികളായിരിക്കും ധ്യാനയോഗികളായിരിക്കും പക്ഷേ ചുറ്റുപാടുകളിൽ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണമെന്ന് നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല അങ്ങനെ അറിയാവുന്നുള്ള ഒരു ഇതൊന്നും ആയില്ലെങ്കിലും അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഭദ്ര ഉണ്ടാകത്തില്ല അപ്പോ വിചാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേകം പിന്നെ ഇവിടെ രാമന്റെ വിചാരം വിവേകം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുത്തതാണ് ഇതിലെല്ലാം അങ്ങുറം പോയി ആ വിചാരം ലോകത്തെ തന്നെ ത്യജിക്കത്തക്ക വിചാരമാണ് അപ്പൊ പക്ഷെ അതിലെല്ലാം വരും ഇവിടെ പറയുന്ന എന്താണ് പരാധീനന്മാരായി ജീവിക്കുന്നു ഒന്നും നമ്മുടെ സ്വാധീനതയിലല്ല ഇതൊരു വലിയ പ്രശ്നമാണെന്നാ പറയുന്നത് മൊത്തത്തിലെന്താണ് ഇതൊരു മായയാണ് ഇതൊരു കബളിപ്പിക്കലാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല അപ്പൊ ആത്മീയ സാധകന്മാരെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അത് ദോഷമൊന്നുമില്ല പക്ഷേ വ്യവഹാരത്തിന് വരുമ്പം വ്യവഹാരത്തിൻ്റെ സാധകന്മാരൂടെ ആയില്ലും പ്രശ്നമാണ്ഷു പ്രപഞ്ചേഷു ഭോഗ നാമ സുദുർഭകാ മുധൈ ബഹിമയം മുഖ സംസ്ത ബവനാ ബദ്ധഭാവനാ ഭാവനകളെല്ലാം ബന്ധിക്കപ്പെട്ടവരായി ഭാവന എന്ന് പറയുമ്പോൾ ശരിയായ ഭാവന ഏതാ നാമ സുദൃഭാ മോഹം എന്ന് പറയുന്നത് അവർ ഭാഗ്യം ഈ ലോകത്തിലുള്ള ഭോഗം എന്ന് പറയുന്നത് അവർ ഭാഗ്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ നല്ലതാണ് കൊള്ളാം നമുക്ക് സ്വന്തമാക്കാം എന്ന് വിചാരിക്കുന്നത് രമൺ പറയുന്നത് നമ്മളെ ദൗർഭാഗ്യമാണ് എന്തുകൊണ്ട് ദൗർഭാഗ്യമാകുന്നു നമ്മുടെ മനസ്സിൻ്റെ സമാധാനങ്ങളെയും അത് അതുകൊണ്ടാണ് ബദ്ധ ഭാവനാ ഭാവനകൾ ബന്ധിക്കപ്പെട്ടവരായി സദ്ഭാവനകളെല്ലാം ബന്ധിക്കപ്പെട്ടവരായി മുഥായവ വ്യർത്ഥമായി മുഹ വിവേകമില്ലാതെ സംസ്ഥിതാഹ സ്ഥിതി ചെയ്യുന്നു ദുർഭകാഹ ഭാഗ്യം കേട്ടവരായി ഭാഗ്യം കേട്ടവരായ ഈ ഭോഗങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഭോഗങ്ങൾ ദുർഭോഗങ്ങളാണ് അത് അനുഭവിക്കുന്നവനും അങ്ങനെയായിട്ട് ഭാഗ്യപ്പെട്ടവരായിട്ട് ഇവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു ആജ്ഞാതം ബഹുകാലേനബർദ്ധമേവ വയം വനേ മോഹേ നിബേദിത മുഗ്ധ ശുഭ്രേ മുഗ്ധ മൃഗായവ ഇപ്പം ബഹുകാലമായി അജ്ഞാതം ഞാൻ എനിക്ക് മനസ്സിലായി രാമൻ പറയാണ് ഞാൻ എന്തുകൊണ്ടിങ്ങനെയായി എനിക്ക് കാര്യം മനസ്സിലായി എന്താണ് ശുഭ്രേ മുഗ്ധ മൃഗ ഇവ മാനുകളെന്ന് പറയുന്നത് വനത്തിൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് നിരന്തരം ഓടിച്ചാടി നടക്കുന്നതാണ് അതിങ്ങനെ പുല്ലക്കത്തു നിന്ന് ആർത്തുലച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതാണ് മാനങ്ങൾ പക്ഷേ ശുഭ്രേ മുക്ത മനസ്സിലുള്ള ഏതെങ്കിലും ശുഭ്രംന്ന് ചക്കിടങ്ങുകൾ അതിൽ പെട്ടുപോയാലോ കരയ്ക്ക് കഴിയ കയറാൻ കഴിയാത്ത രീതിയിൽ മോഹിതന്മാരായോ പിന്നെ അതുപോലെയാണ് എന്താണ് നമ്മളെല്ലാവരും എന്താണ് വ്യത്ഥമേയോ ജീവിതമാകുന്ന വനത്തിൽ മോഹേ മോഹത്തിൽ മുഗ്ധാഹ മോഹിക്കപ്പെട്ടവരായി നിപത്തിത്താക പതിച്ചിരിക്കുകയാണ് അപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയായ രീതിയിൽ നമുക്ക് ജീവിതത്തെ അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയുന്നില്ല മോഹത്തിൽ പതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നിരവധി പരാതികളൊക്കെ പറഞ്ഞു സ്വന്തം കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് എല്ലാം പ്രശ്നങ്ങളൊക്കെ അവനവൻ്റെ തന്നെയാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നു വലിയ ഘടകങ്ങളിൽ പതിച്ചിരിക്കുകയാണ് അവിവേകമാകുന്ന ഘടകുകളിൽ പതിച്ചിരിക്കുന്നു ഓടിച്ചാടിയാണ് കണ്ടത് ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം വ്യർത്ഥമാണിതെന്ന് പറയും കിമ്മേ രാജ്യേന കിംഭോഗേ കോഹം കിമിതമാകും മിഥ്യ വാസ്തു തദ്ധ്യ കസ്യനാമ കിമാഗതം അപ്പൊ രാമൻ എന്ന് പറയുന്ന അടുത്ത് രാജ്യം ഭരിക്കേണ്ട ആളാണ് എല്ലാ സ്വഭോഗങ്ങളും അനുഭവിക്കേണ്ട ആളാണ് അത് ആണ് ഇവിടെ വിശ്വാമിത്രനും അധിഷ്ഠനും ദശരഥനുമൊക്കെ ആഗ്രഹിക്കുന്ന അത് മനസ്സിലാക്കി സ്വയം പറയാണ് ഈ രാജ്യം കൊണ്ട് ഈ രാജ്യത്തിലെ സ്വഭോഗങ്ങളെ കൊണ്ട് എന്ത് നേടാനാണ് എന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് കോഹം ഞാൻ ആരാണ് ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ട ആളാണോ കിമാഗതം എന്താണ് എനിക്ക് വന്നു ചേരുന്നത് കാരണം ഇതും താൻ ഉണ്ടാക്കിയെടുത്തയാളല്ലോ ദശരഥന്റെ പുത്രനായി ജനിച്ചുകൊണ്ട് ഇത് തന്നെ എനിക്ക് വന്നു ചേരുന്നതാണോ മനുഷ്യർ നമുക്ക് അങ്ങനെയാണോ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജനിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേർന്നു ജനിച്ചതുകൊണ്ട് മാത്രം വന്നു ചേർന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേർന്നത് ഒരൊറ്റ കാരണം എന്താണ് ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ഇവിടെയിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും എന്തായിരിക്കും ഒരു കുടുംബത്തിൽ വന്ന് ജനിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന ചർച്ച ചെയ്യുന്നത് അല്ലാതെ വേറെ ഒരു കാരണം പറയാനില്ല ഉണ്ട അല്ല മറ്റൊരു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ലാ ഇല്ലാ ഹാ ഇല്ലല്ലാന്നും പറഞ്ഞിരുന്ന നല്ല സംശയമുണ്ട് എന്നിട്ട് യോന്മാരെയൊക്കെ കൊല്ല നടന്ന് അതാണ് ഇതിലെന്താ ഒരു സ്ഥലത്തു നിന്ന് ജനിച്ചു പോയതുകൊണ്ടാണ് ഈ മഹാബദ്ധം പറ്റിയത് അല്ലേ വേറെതാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മളിതൊന്നും തന്നെ പറയില്ലേ നമ്മുടെ സർവസ്വം അപ്പൊ ഇവിടെ ഒരു മറിച്ച് ഇത് സംഭവിച്ചു പക്ഷെ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ പിന്നെ ഇപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ ജനിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോഴൊന്നും ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ സർവജ്ഞമായ രാഷിമാർക്ക് ഒരു കാര്യം അറിയില്ല എന്താണോ കുടിയുട്ടിയാണ് അതായത് അവർ പറഞ്ഞിരുന്ന നിങ്ങൾ ബ്രാഹ്മണനായി ജനിക്കും ശുദ്രനായി ജനിക്കും പുൽക്കസനായി ജനിക്കും ചണ്ടാളനായി ജനിക്കും പട്ടിയായി ജനിക്കും പന്നിയായി ജനിക്കും മുഴുവൻ പുനർജർമ്മ വർണ്ണനകൾ ഇതാണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മുസ്ലിമായി ജനിക്കും ക്രിസ്ത്യാനിയായി ജനിക്കും ഏതെങ്കിലും പ്രസവത്തിവായ ഒന്ന് കാണിച്ചു തരാം ഏതെങ്കിലും ബസ്വത്തി പറഞ്ഞിട്ടുണ്ടോ പുനർജന്മം അനുസരിച്ചാണെങ്കിൽ അടുത്ത നിങ്ങൾ എന്താവുന്നു വ്യാതൊരു ഉറപ്പുണ്ട് അടുത്ത ജന്മം അവിടെയായിരിക്കും അവിടെ ചെന്നിരുന്നിട്ട് ജനിച്ചിട്ടെന്ന് പറയും പുനർജന്മമേ ഇല്ല എന്ന് പറയും പറയുകയല്ലേ പുനർജന്മത്തിൽ അത് സംഭവിക്കാം കഴിഞ്ഞ ജന്മത്തിൽ എവിടെയായിരിക്കും മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിരിക്കും ഇത്തവണ കൂടെ വന്നിരുന്നിട്ടാണ് വേണ്ടി വാദിക്കുന്നത് അപ്പോ എന്താ ആഗതമാണിതെല്ലാം ഇവിടെ പറയുന്നത് നമുക്കിതൊക്കെ വന്നുചേരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് അതിലൊക്കെ വളരെ മുറിവ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കിടന്നങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതും ആൾക്കാരെയൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും ആധിപത്യ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും പുനർജന്മ സിദ്ധാന്തം അനുസരിച്ചതാണെങ്കിൽ തന്നെ ഇതൊക്കെ വലിയ അബദ്ധമാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണെന്ന് നമുക്ക് അങ്ങനെ അറിയാം ഞാൻ അടുത്ത എണ്ണത്തിൽ എന്താവാൻ പോകുന്നു എന്ന് അങ്ങനെയല്ല അപ്പോൾ ഒരു ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തുള്ളവർ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ എന്താ അർത്ഥമാണ് വിശ്വാസം ഇന്നത്തെ വിശ്വാസം അനുസരിച്ച് അതുകൊണ്ട് പറയുന്ന കിമിതമാകട്ടെ ഈ രാജ്യവും ഈ ഭോഗവും ഒക്കെ ഞാനീ ദശരഥന്റെ പുത്രനായി ജനിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ വന്നിയാൽ വേറെ എവിടെയെങ്കിലും ഉള്ളൂ ജനിച്ചത് ജനിച്ചെങ്കിലും എനിക്കിത് വല്ലോ വരുമോ അതുകൊണ്ടെന്താണ് യത് മിഥ്യ തദ് മിഥ്യ അസ്തു എന്താണോ മിഥ്യ അത് മിഥ്യ തന്നെയായിരുന്നോട്ടെ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്നാണ് കാരണം രാമൻ ഇവിടുത്തെ രാമൻ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഏതും വേദാന്തമൊക്കെ പഠിച്ചയാളാണ് അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് വെറുതെ അങ്ങ് വിചാരം ചെയ്യുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് മിഥ്യയാണെങ്കിൽ അത് മിഥ്യ തന്നെയായി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് മിഥ്യ മിഥ്യ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താണോ ഇതിനെയൊന്നും യാഥാർത്ഥ്യമായി ഞാൻ എടുക്കാൻ പോകുന്നില്ല ഞാനിതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് വിട്ടു നിൽക്കുകയാണ് ഇതാണ് രാമൻ പറയുന്നത് അപ്പോ ഇതിനാണ് ശരിക്കും വൈരാഗ്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതനുസരിച്ച് ഭാവിയിൽ രാമൻ രാജാവായിരിക്കും രാമനെ സഹായിച്ചത് ഈ വിചാരം ഇത് മിഥ്യാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോധം തിടമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാകെ മോഷ്ടിക്കാൻ തോന്നും തോന്നു അന്നൻ്റെ അന്നൻ്റെ കാശത്ത് സ്വന്തം പോകറ്റി വയ്ക്കാൻ തോന്നുന്നു തോന്നത്തില്ല കുറഞ്ഞ പക്ഷം അതെങ്ങനും തോന്നാതിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പോട്ടെ മാഘൃത കസ്യസിദ്ധനം മറ്റുള്ളവരുടെ സമ്പത്ത് തന്റെ കൈ വരണമെന്ന് ആഗ്രഹിക്കുക രാമൻ അതാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാമൻ അങ്ങനെയായിരിക്കും ജീവിച്ചത് അതിൻ്റെ പ്രയോജനം അവിടെയാണ് അപ്പൊ അതിനോട് അവന് വിരക്തി ഉണ്ടായാൽ മാത്രമേ അതിനോടവൻ അമിത ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കൂ അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കൂ എന്തെങ്കിലെല്ലാം കൈവശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേ മൃശദോ ബ്രഹ്മൻ സർവേഷ തത്തോ മമാ അരതിരായ അയാത പതികസ്യ മനുഷ്യവ ഇനി രാമൻ പറയുന്നു നീ എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോയെന്നാണല്ലോ പിതാവ് ജോജ് കൂട്ടുകാരെല്ലാം ചോദിച്ച അതാണ് രാമന്റെ നേരത്തെ പറഞ്ഞു കാവൽക്കാർ അവരുമെല്ലാം പറയുന്നു രാമൻ എന്തുകൊണ്ടിങ്ങനെ തടിക്ക് കൈയും കൊടുത്ത് എന്തുകൊണ്ടിരിക്കുന്നു അപ്പോ രാമൻ പറയുന്നു ഏവം വിമർശതകർ ഞാനിങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ബ്രഹ്മൻ ഞാനിങ്ങനെ വിശ്വാമിത്തനോടും അനുഷ്ഠനോടും പറയാണ് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് സർവേഷു ആരതിരായാത ഇവിടെയുള്ള സർവവസ്തുക്കളോടും രാജ്യത്തോടും കുടുംബത്തോടും അച്ഛനോടും അമ്മമാരോടും സഹോദരങ്ങളോടും സർവരോടും ഭാവേഷും സർവഭാവങ്ങളിലും എനിക്കൊരു അരതി രതിയില്ലായ്മ ഒന്നിനൊരു താല്പര്യമില്ലായ്മ അത് വിചാരം കൊണ്ട് സംഭവിച്ചാണ് അല്ലാതെ ഒരു അകാരണമായി ഞാനൊരു വിഷാദ രോഗത്തിനടിമുഖപ്പെട്ടുപോയതല്ല ഇതും വിഷാദം തന്നെയാണ് പക്ഷേ അത് വേറെ അത് ഞാൻ അവസാനം പറയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട് ഇത് വികാ വിചാരം കൊണ്ട് സംഭവിച്ചാണ് ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്കാണ് ആശയപ്പെടുന്നത് ഇപ്പൊ രാമന് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് രാമന് ശരിയായ ബോധമുണ്ട് പക്ഷെ ഒരു പ്രശ്നം തനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ് പരമമായ ഒരു സത്യമാണ് അങ്ങേയറ്റത്ത ഒരു ശരിയാണെന്നൊക്കെയാണ് രാമൻ ഇപ്പൊ ധരിച്ചിരിക്കുന്നു അടുത്ത് രണ്ടുപേരും ആരോ വിഷാമത്തിനും മാറി മാറി ഉപദേശിച്ചു അപ്പൊ പറയും നീ വളരെ യോഗ്യം തന്നെയാണ് നിന്റെ ചിന്ത നിന്റെ വിചാരം എല്ലാം ശരിയായ രീതിയിലാണ് പോകുന്നത് പക്ഷെ ഒരു ചെറിയ ഒരു കറക്ഷൻ ആവശ്യമുണ്ട് അതിനൊരു ചെറിയൊരു മാറ്റം കൂടെ വരത്തിയാണ് അത് മാറ്റം വരുത്തുമ്പോഴാണ് രാമൻ ശരിയായ രാമനായി മാറുന്നത് എന്നുവെച്ചാൽ ഇവിടുത്തെ രാമൻ മൂലരാമായണത്തിലുള്ള രാമനല്ല ഇവിടുത്തെ രാമൻ വേറെയാണോ രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്നായിട്ട് കാണരുത് അപ്പോൾ മാറുന്നു അപ്പോൾ രാമൻ പറയുന്ന എന്താണ് സർവതിലും എനിക്കൊരു അരുതിയുണ്ട് താല്പര്യമുണ്ട് ഒന്നിനോടൊരു ഉത്സാഹമില്ലായ്മ അപ്പോൾ ഇത് ഈ അരതി താല്പര്യമുണ്ടായോ ജീവിത അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോകണമോ അതോ ജീവിതത്തിൽ ഇവിടെ അവസാനിപ്പിക്കണം ഇതാണ് ഇവിടെ ഇപ്പം രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്ന ആര് വിശ്വാമിത്രനും വസഷ്ഠനും ഇവൻ്റെ ഈ അരതിയെ എടുത്ത് കളയണമോ ഇതോ നിലനിർത്തുന്നു അത് നിലനിർത്തുന്നു എൻ്റെ അടുത്ത് കളയുന്നുണ്ട് അങ്ങനെയാണ് ഇനി രാമനെ രണ്ടുപേരും ഉപദേശിച്ചു കൊണ്ടുപോകുന്നു പൂർണ്ണമായും മാറ്റിക്കളയുന്നു ഇതിൽ തന്നെ നിലനിർത്തുന്നുമില്ല ഇതിന് കൂടെ കൊണ്ടാണ് രാമൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ തരാം അപ്പൊ ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയൊന്നും വേണ്ട ചെറിയ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ വിചാരം കൊണ്ടല്ല എന്തെങ്കിലും നിമിത്തം കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മനുഷ്യനെന്ത് ചെയ്യും സ്വാമിയാവും അങ്ങനെയാണ് ഈ ലോകത്തുള്ള എല്ലാ സ്വാമിമാരും സൃഷ്ടിക്കപ്പെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചിന്തമാണ് നമ്മൻ സ്വാമിയാവും കുറച്ച് മുമ്പോട്ട് എന്ന് പിന്നെ ആസ്വാമിയാകും സ്വാമിയായി തന്നെ തുടരണമെന്ന് നിർബന്ധമൊന്നും എന്തായാലും രാമൻ അങ്ങനെയുള്ള അവധമൊന്നും പറ്റുന്നില്ല കാരണം എന്തുകൊണ്ട് ശരിയായ ഒരു കൗൺസിലിംഗ് കിട്ടുന്നുണ്ട് അപ്പൊ രാമൻ ഇതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നില്ല എന്നാൽ രാമൻ ഇതിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലെത്തിച്ചു കാരണം അത് രാമൻ കാര്യങ്ങളെല്ലാം തുറന്ന് ഇവരോട് സംസാരിക്കുന്നു അതിനെ പറ്റിയ ആൾക്കാരെ കിട്ടിയപ്പോ അപ്പോൾ എനിക്ക് വന്ന ഈ അരതി അതിന് ഉദാഹരണം പറയുകയാണ് പഥിക സ്യമരുഷവ ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് മരുഭൂമി വെള്ളമില്ല ക്ഷീണിക്കും കുറച്ചു കഴിയുമ്പോൾ അവനെന്തോരും അവന് യാത്രയോടുള്ള രതി ഇല്ലാതെയാണ് വെള്ളമില്ലാതെ ഇങ്ങനെ ചൂട് ചൂടത്ത് ചുട്ടുകൊള്ളിയൊരാളങ്ങനെ യാത്ര ചെയ്യുന്നു ഈ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അനുഭവമാണ് വന്നിരിക്കുന്നത് മരുഭൂമിയിലെ ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ വിചാരങ്ങൾ കൊണ്ട് എൻ്റെ ഉള്ളെല്ലാം കൊള്ളുകയാണ് അതെടുത്ത് പറയും ശരിക്കും യാത്ര മുമ്പോട്ട് തുടരാൻ പ്രയാസമായി തോന്നുന്നു ഇതാണ് പറയുന്നത് അതൊക്കെ വിചാരം വന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇത് മാറുന്ന സംഗതിയാണ് ഇതേ അവസ്ഥ മനുഷ്യന് വിചാരം കൂടാതെയും വരാം അത് മാറ്റിയെടുക്കാം അതിനിതല്ല ചികിത്സ അത് പിന്നീട് പറയാം തതേത് ഭഗവൻ ബ്രൂഹി കിമിതം പരിണശ്യത കിമിതം ജായുതേ ഭൂയ കിമിതം പരിവർദ്ധത അപ്പോ ഇത് എന്താണോ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന പോലെയാണ് അതിവിടെ പലതവണ ആവർത്തിക്കും ഗീതയിലെ പല പല പദ്യങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കും പല ആശയങ്ങളും ആവർത്തിക്കും ശരിക്കും ഗീതയുടെ ഒരു മറുപതിപ്പാണിത് ചില ഭാഗങ്ങളിൽ മൊത്തമല്ല ഗീതയിലൊരു സ്വപ്നം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഗീതയിൽ കാണിക്കുന്ന ഒരു ജീവിത ആദർശമുണ്ട് തത്വമല്ല ഒരു ജീവിത ആദർശം അസംഖനായി ജീവിക്കുക നിർലിപ്തനായി ജീവിക്കുക ഇവിടെ അവസാനം എത്തിച്ചേരുന്ന അവിടെ തന്നെയാണ് അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത് ഭഗവൻ ദ്രൂഹി എന്ന് എന്നെ ഉപദേശിച്ചാണ് കിമിതം പരിണശതി കിമിതം ജായതേ ഭൂയ കിമിതം പരിവർദ്ധ ഇവിടെ വീണ്ടും വീണ്ടും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് ഉറന്നുണ്ടാകുന്നു ജായതെ പരിവർദ്ധത എല്ലാം വളരുന്നു എന്ന് വെച്ചാൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു പരിണനശ എല്ലാം നശിക്കുന്നു എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചുറ്റുപാടും കാണുന്നതിൻ്റെ അവർ അസ്ഥിരതയാണ് ഇതായിരുന്നു ബുദ്ധന്റെ പ്രശ്നം ഇത് തന്നെയായിരുന്നു എല്ലാത്തിനും ഒരു അസ്ഥിരത ഈ അസ്ഥിരതയിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കണം ഇതാണ് ബുദ്ധൻ ചോദിച്ചത് സ്ഥായിയായി ഒന്നുമില്ലല്ലോ അത് തന്നെ എന്നിവിടെയും ചോദിക്കുന്നു ആ അസ്ഥിരതയെക്കുറിച്ചാണ് പറയുന്നു ഭാഷ മാറിയും ഇതെന്താണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പിടി കിട്ടുന്നുണ്ട് പ്രശ്നങ്ങൾ രാമന് മനസ്സിലാകുന്നുണ്ട് പരിഹാരം മനസ്സിലാകുന്നുണ്ട് വ്യക്തമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാമൻ എന്തെയും മുറിക്കാത്ത കഥ അവിടെ ചിരുന്ന ജീവിതാവസാനത്തിൽ സ്വാമിയാവും ഇതാ സംഭവിക്കുന്നു അപ്പൊ ചോദി സ്വാമിമാരൊക്കെ അങ്ങനെയാണോ സ്വാമിമാർ എന്തുകൊണ്ട് അങ്ങനെയാകുന്നുണ്ടാവും അവർക്ക് വിവേകം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഈ പറയുന്ന വിവേകമില്ലാത്തതുകൊണ്ടാണ് ജരാമരണം ആപച്ച ജനന സമ്പദസ്ഥത ആവിർഭാവ തിരോഭാവേ നിവർദ്ധനയെ പുനഃപ്പുന ഈ തൻ്റെ ചുറ്റുപാടും കാണുന്ന എന്താണ് ആവിർഭാവ തിരോഭാവങ്ങളാണ് എല്ലാം പ്രകടമാകുന്നു അതുപോലെ തന്നെ എല്ലാം തിരോഭവിക്കുന്നു സർവവും അത് കേവലം മനുഷ്യരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു പ്രാണികളെക്കുറിച്ചോ ഭൗതിക വസ്തുക്കളെ കുറിച്ചോ അല്ല തൻ്റെ ചിന്തകൾ ഉൾപ്പെടെ സർവവും ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞു ആ ഒരു ഭാവത്തിരോ ഭാവം എന്ന് വെച്ചാൽ മാറ്റത്തെ കാണിക്കുക ഒന്നിനും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ മാറ്റങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ജരാമരണം ആപച്ച ജരാമരണങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാണുകയാണ് ബുദ്ധനും ഇതാ പറഞ്ഞത് ഇതൊക്കെ കണ്ടിട്ടാണ് ബുദ്ധനും ചിന്തിച്ചത് മറ്റുള്ളവരുടെ ജരയും മരണവും കാണുമ്പോൾ പിന്നെ ആപത്ത സമ്പദ് ആപത്ത് സമ്പത്ത് കുറച്ചുപേർ സമ്പത്തിലാണ് കുറച്ചു പേർ ആപത്തിലാണ് ജനനം പിന്നെ മരണം ജര ഇതെല്ലാം തന്നെ പുനഃപ്പുന ഇതെല്ലാം ഇവിടെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്നെല്ലാം തോന്നും ഈ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറിയിക്കാൻ തോന്നും ഇതൊക്കെ വിപരീതമായി കാണുന്നുകൊണ്ടാണ് ഇതൊക്കെ അനുകൂലമായി കണ്ടുകഴിഞ്ഞാൽ മനുഷ്യൻ ഇതിലെടുത്തിയാണ് നമ്മളങ്ങനെയാണ് നമ്മളൊരു കർമ്മമണ്ഡലത്തിയിരിക്കുമ്പോൾ ആ കർമ്മമണ്ഡലം നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പ്രതികൂലമെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്മാറും എത്രോരമായാലും ശരി നമുക്ക് അനുകൂലമൊന്നും ഉണ്ടെങ്കിൽ നമ്മളത് ഈ എടുത്തു ചേർും അതിൽ തന്നെ നിൽക്കാൻ തോന്നും രാമൻ അങ്ങനെയല്ല വിവേകത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് പ്രതികൂല അനുകൂലമൊന്നുമല്ല തിരിച്ചറിവിൽ പറയുകയാണ് ഇതെന്താണ് ഭോഗിയിൽ ഭോഗേ തൈരൈവ തൈരൈവ ദുശ്ചേർ വയം അമീക്കില പശ്യ ജർജരതാം നീത വാതയിരുവരും ഗിരിദ്രുമാഹ ഗിരിദ്രുമങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കിടക്കുന്ന വൃക്ഷങ്ങൾ എന്താണ് വാതേഹി പർവ്വതത്തിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറി കാറ്റടിക്കുന്നുണ്ട് അവയ്ക്കൊന്നും വളരാൻ പറ്റില്ല ഇലകളെല്ലാം ഒഴിഞ്ഞ് വളർച്ചയില്ലാതെ അതിങ്ങനെ വരണ്ടുവരേണ്ടതിരിക്കും മല മുകളുടെ വൃക്ഷം അതിന് വളരാൻ കഴിയത്തില്ല അതുപോലെയാണെന്ത് പറയുന്നു ഭോഗേരൈവ തേരൈവ തുച്ഛേഹി ൾ ജീവിതാനുഭവങ്ങൾ ഇത് പലതും കാശിനും കൊള്ളാത്തതാണ് ആ അവ കൊണ്ടെന്താണ് നമ്മളെല്ലാവരും പക്ഷേ ജർജരതാം നീത്ത ജർജരതയെ ശരിക്കും എന്താണ് ഒന്ന് ജർജരമാകാന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ വൃക്ഷങ്ങളുടെ കാര്യം പറഞ്ഞ പോലെയാണ് വളർച്ചയില്ലാതെ നശിക്കുന്നത് വളർച്ചയില്ലാതെ നശിച്ചു പോവുകയാണ് അപ്പോൾ വളർച്ചയില്ലാതെ നശിക്കുക എന്ന് പറയുന്നത് കൊണ്ട് കൂടെ ആന്തരികമായ ഒരു വികാസമില്ലാതെ പ്രായം കൊണ്ട് എന്തായാലും എന്ത് പറയുന്നു ജീർണതയെ പ്രാപിക്കും അത്തരത്തിലുള്ളൊരു ജീർണതയല്ല കൂടെ പറയുന്നത് മാനസികമായ ജീർണതയെ പ്രാപിച്ചിരിക്കും മനുഷ്യൻ ബാഹ്യമായ എന്തൊക്കെ വേഷങ്ങൾ കെട്ടിയിരുന്നാലും ശരി മാനസികമായ ജീർണത എന്ന് പറയുന്നത് അവന് മാത്രം മറച്ച് വയ്ക്കാൻ കഴിവുള്ളതും വിചാരം ചെയ്താൽ മാത്രം കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ് അത്രയുള്ള ഒരു ജർജരത ജീർണത എന്നാണ് മാനസികമായ ഒരു ജീർണതയെ ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ട് ഈ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ മുഴുകുമ്പോൾ അതാണ് അല്ലേ പ്രപഞ്ച വ്യവഹാരങ്ങൾ നമ്മൾ മുഴുകുമ്പോൾ ആത്മീയതയുണ്ട് പക്ഷേ മത്സരങ്ങൾ കിടമത്സരങ്ങൾ ഒക്കെ ഉള്ളിൽ വരാറുണ്ട് സാധാരണ മനുഷ്യർ പോലെ രാമനോദ പറയുന്നത് ഞാൻ രാജ്യം ഭരിക്കാനുമൊക്കെ ഒരുമ്പൊട്ട് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ മനസ്സിൽ ജീർണിക്കും വ്യവഹാരം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എത്ര നല്ലവനായാലും ശരി അവൻ്റെ മനസ്സിനെ ജീർണമാക്കും പഴയ ഒരു ജന്മനാൽ എത്ര യോഗ്യനുമായിക്കോട്ടെ ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിലൊരു അധികാരത്തെ കൊടുക്കുക അവൻ സ്വയം നശിച്ചോളൂ വേറൊന്നും കൊടുക്കുക അവൻ അവൻ അതുകൊണ്ട് എന്ത് ചെയ്യും നമുക്ക് അവന് ഭരണത്തിനുള്ള വ്യാമോഹം ഉണ്ടാകും അതുകൊണ്ടായി കഴിഞ്ഞാൽ അവൻ ശത്രുമിത്തങ്ങളെ ഉണ്ടാകും അവൻ ഒരുപാട് കപട നാടകങ്ങളും ആടേണ്ടി വരും എന്തിനു വേണ്ടി ജയിക്കാൻ വേണ്ടി അപ്പോൾ അവൻ നശിക്കും ആന്തരികമായ ജർജരതയുണ്ടാവും ഇത് മൊത്തം വ്യവഹാരത്തെക്കുറിച്ച് പറയുകയാണ് വ്യവഹാരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ജീർണിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റിയില്ല നമ്മൾ ഒളിച്ചു വയ്ക്കുക അതൊരു യാഥാർത്ഥ്യമാണ് പകയും വിദ്വേഷവും ഇല്ലാതെ ഒരാളിങ്ങനെ വ്യവഹാരത്തിൽ നിൽക്കുന്നു മറ്റുള്ളവരുടെ ഈഷ്യ തോന്നാതിരിക്കുന്നു ഒരിക്കലും തോന്നാതിരിക്കില്ല ഇതാണ് രാമൻ പറയുന്നത് പിന്നെ രാമനെ ഇത് ഇന്നിങ്ങനെ അത് ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലെത്തിച്ചിട്ടാണ് പറയുന്നത് അവിടെ ഇതൊന്നുമില്ല സാധാരണ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വിക്രീണന്മാരായി ഇവിടെ വിലയ്ക്ക് വാങ്ങിയവരെ പോലെ എന്താണ് വിലയ്ക്ക് വാങ്ങി കാളയും പോത്തിനെയൊക്കെ വയലിൽ ഒഴുമ്പോൾ അതിനൊരുപാട് അടി കിട്ടും ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും സാധാരണ മനുഷ്യരുടെ കാര്യമോ പറയുന്നു അങ്ങനെയാണ് ആത്മീയക്കാർ ഉൾപ്പെടെ എല്ലാം ഇങ്ങനെയാണെന്നാണ് പറയുന്നു ജീർണതയെ പ്രാപിച്ചിരിക്കുകയാണ് അചേതന യുവജന പവനി പ്രാണനാമഭി ധ്വനന്ത സംസിത യഥാ കീചക വേണവഹ നല്ല ഉദാഹരണമാണ് കീച്ചക വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് വേണവ കീജകാസ്തേശു ഏ സുനന്തി അനിലോദ്ധത ഇത് അമരകോശമുണ്ട് ഈ കാട്ടിൽ ഈറയാണ് ഈറയിൽ നിന്ന് അതിനകത്ത് കൂടുവയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടുവന്ന് അതിൽ അതിനെ തുറക്കും ഉണങ്ങിക്കഴിയും ഇത് തുറന്നു കഴിഞ്ഞാൽ കാറ്റിൽ ഈ വനത്തിൽ വായി വീശുമ്പോൾ ഇതിനകത്തൂടെ കയറി ഇറങ്ങിപ്പോകുമ്പോൾ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കും അങ്ങനെ കാട്ടിൽ പ്രകൃതി തന്നെ നിർമ്മിച്ച ഓടക്കുഴലുകളിൽ കീചതം എന്ന് പറയുന്നു എന്താണ് അവിടെ അതിൻ്റെ പിന്നിൽ ഒരു ചൈതന്യമുള്ള ഒരു ജീവനില്ല പക്ഷേ ഇതെപ്പോഴും പാടിക്കൊണ്ടേ ശബ്ദം ഉണ്ടായിക്കൊണ്ടേ ഇത്തരം ശബ്ദങ്ങൾ കാട്ടിലൊക്കെ നിങ്ങൾ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഥയല്ല ഇത് ശരിയാണ് പലതരത്തിലുള്ള എന്താണ് മർമ്മരങ്ങളെന്നൊക്കെ പറയും ഇലകളുടെയൊക്കെ പാട്ട് കേൾക്കാം കാട്ടിൽ അപ്പൊ പ്രകൃതിയാണ് അവിടെ അതിൻ്റെ പിന്നിൽ എന്താണ് ചേതനനായ ഒരു വ്യക്തിയില്ല പക്ഷേ എല്ലാ സംഗീതവും അവിടെ പറയുന്നു ഞാനും ഈ എന്താണ് എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഒരുപാട് സംഗീതമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് അത് ചൈതന്യ ശൂന്യമായൊരു സംഗീതമാണ് ഞാൻ കേൾക്കുന്നത് എന്നത് എന്നുവെച്ചാൽ ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഈ ആർഭാടങ്ങളൊക്കെ ഉണ്ട് ഈ കാണിക്കുന്ന പ്രകടനങ്ങളെല്ലാം അത് ചൈതന്യ ശൂന്യമായ ഒരു ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ ചേതനയില്ല എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ ഒരു നല്ല ഉദാഹരണം കണ്ടെത്തിയിരിക്കുക ഇതേ ഒരു വലിയ സാഹിത്യകാരനാണ് ഈ എന്താണ് കാളിദാസിനെ മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇതെടുത്തത് കീചകങ്ങളുടെ ഉദാഹരണം കീചക വേണുക്കൾ എന്ന് പറയും വേണമെന്ന് പറയുന്ന ഓടക്കുഴ അചേതനായുവജന ചൈതന്യശൂന്യന്മാരെ പോലെ എന്ന് വെച്ചാൽ വിവേകശൂന്യന്മാരെ പോലെ ബോധശൂന്യന്മാരെ പോലെ ജനാഹ മനുഷ്യരെല്ലാം പ്രാണനാമഭിഹി പവനീഹി കാട്ടിലാണെങ്കിൽ എന്താണ് കാറ്റ് വീശ് മനുഷ്യരിൽ എന്താണ് പ്രാണൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കർമ്മ വളരെ സജീവമാണ് എന്തായാലും വളരെ ഉത്സാഹിച്ച് കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ അന്തസ്സാര ശൂന്യന്മാരായിട്ട് ഉള്ളിൽ കഴമ്പുന്നുണ്ട് കർമ്മത്തെ കാണുമ്പോൾ നമ്മൾ അതിനെ അഭിനന്ദിക്കൂ ഇയാൾ കർമ്മത്തിൽ വളരെ മിടുക്കനാണ് കീചക വേണുക്കളാണ് വെറുതെ ശബ്ദം ഉണ്ടാക്കുകയാണ് അവൻ്റെ ഉള്ളിൽ എന്താണ് വെറും പൊള്ളയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ധുനന്ത സംസ്ഥിത ഇങ്ങനെ ലോകത്തിൽ എന്താണ് ഇവരെല്ലാം ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യവഹാരങ്ങളെയാണ് അന്തസാര ശൂന്യങ്ങളായ വ്യവഹാരങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഇവിടെ ഇതൊരു അസാമാന്യ ചിന്തകനാണ് സാധാരണ കവിയല്ല ഇതും എന്ന് വെച്ചാൽ ഈ പറയുന്നത് സംഗീതം ആർക്കും ഇഷ്ടമില്ലാത്ത കാട്ടിലെ സംഗീതമായാലും ശരി നാട്ടിലെ സംഗീതമായാലും ശരി നമ്മൾ ഇഷ്ടപ്പെടും അപ്പോ ഈ വ്യവഹാരങ്ങളെല്ലാം പ്രയോജനമില്ലാത്തത് നല്ല പറയുന്നത് വ്യവഹാരമെല്ലാം അന്യർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് പക്ഷെ അവനവന് എന്തുകൊണ്ടൊരു ഗുണമെടുക്കും എന്തുകൊണ്ട് അവൻ വിഷാദത്തിനടിപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവൻ പ്രവർത്തിക്കുന്നു അത് ലോകത്ത് കാണുമ്പം വളരെ ഇമ്പമുള്ളതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ സാധിച്ചിരിക്കുന്നു ഒരുപാടൊക്കെ സമ്പാദിച്ചു ഒരുപാടൊക്കെ ചെയ്തു ലോകത്തിൻ്റെ മുമ്പിൽ ശരിയാണ് ഇവന് ഉറക്കമില്ല ഇവന് സമാധാനമില്ല ഇവൻ്റെ ഉള്ളിൽ തീയാണ് ആ തീയുടെ കാര്യം എന്ന് ഇവിടെ ഈ പറയുന്ന ഒരു ആത്മീയ ലൗകികം അങ്ങനെയുള്ള ഭേദം പോലെ അത് വെറുതെ പറയുന്നതാണ് മനുഷ്യരെല്ലാം ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് ലോകത്തിന് ഗുണമുണ്ട് അവന് ഗുണമുണ്ട് അവൻ്റെ ഉള്ളിൽ തീയാണ് എന്നാണ് ഈ പറയുന്നത് അത് വ്യത്ഥമാണ് മനുഷ്യരും ചെയ്ത് ഇതിനെ മറികടക്കുക എന്ന് പറയുന്ന എന്താണ് ഇവിടെ അവസാനം പറയുന്നത് അതൊരു വലിയ ഒരു ഒരു തലത്തിലെ അല്ലാത്രത്തോളം കാലം എന്താണ് നമ്മൾ നിഷ്ഫലമായി ജീവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്തോക്കെ തള്ളി മറിക്കുന്നു എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അതൊന്നും തന്നെ തനിക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം അചേതനായുവ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇതെന്താ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമായിരിക്കും എന്നെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റും അചേതനായുവജനാ ചൈതന്യശൂന്യനായിരുന്ന ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്നു ഉള്ളൂ അപ്പൊ അത് എന്താ പരാജയമാണ് നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ല എന്നുണ്ടാകില്ല അവനവൻ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്നുള്ളതാണ് അതാണ് ആത്മീയത എന്ന് പറയുന്നത് പ്രധാനം അതാണ് ലോകത്തെ നന്നാക്കാൻ നടക്കുമ്പോ അവനവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് അതാണ് ഈ പറയുന്നതിന് ചുരുക്കം അചേതനായുവജനാഹ എന്ന് പറയുന്നതാണ് സമ്യതീതം കഥം ദുഃഖം വിധി തപ്തോസ്മിചിന്തയ ജര ദ്രുമയുവ ഉഗ്രേണ കോടരസ്തേന മന്നിനൊരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം പറയണം ജരദ്രുമഹ എന്ന് പറഞ്ഞാണോ വളരെ കാലം ഈ ഭൂമിയിൽ ഏറെ വയസ്സായി അവസാനം ഉള്ളെല്ലാം കോടായി ഉള്ളിലൊന്നുമില്ല അതിനെയെല്ലാം കഴിഞ്ഞു വയസ്സായി അപ്പോഴാണ് എന്ത് സംഭവിച്ചത് ഉഗ്രേണ കോട്ടരസ്തേന എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ തീ വീണു തീ ഉള്ളിൽ വീണു പക്ഷേ എളുപ്പമൊന്നും നശിക്കത്തില്ല അത് വളരെ ബലമുള്ള ഒരു വൃക്ഷമായതുകൊണ്ട് ഉള്ളിൽ തീ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേശ് കത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും വളരെ കാലം കൊണ്ടത് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരും അപ്പൊ മനുഷ്യരെല്ലാം എങ്ങനെയാണ് ഉള്ളിൽ തീ പിടിച്ച പടുവൃക്ഷത്തെ പോലെയാണ് മനുഷ്യരെല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാവരും ഇവിടെ ലൗകിക എന്താണ് ആത്മീയ അങ്ങനെ ഒരു പ്രത്യേകതയില്ല എന്ന് നമ്മൾ മനസ്സിലാവും എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തീം കൊണ്ടാണ് നടക്കുന്നത് പക്ഷേ മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യും നമ്മൾ സമാശ്വസിപ്പിക്കും എന്താണ് ഇപ്പൊ ക്യാൻസറുള്ള ഡോക്ടർക്കും ക്യാൻസർ രോഗികളെ ചികിത്സിക്കാതെ എന്താ കുഴപ്പം പ്രശ്നമൊന്നുമില്ല മനുഷ്യരിൽ അങ്ങനെ പരസ്പരം സമാശ്വസിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഉള്ളിൽ ആശ്വാസമില്ല എന്നാലും മറ്റുള്ളവനെ മനുഷ്യനെന്ത് ചെയ്യുന്നു സമാശ്വസിപ്പിക്കുന്നു ഇതാണ് ഈ പറയുന്നത് എല്ലാം തീ പിടിച്ചു കണക്കുകയാണ് ഒറ്റ എണ്ണത്തിൻ്റെയും ഉള്ളിലെ തീ ആറിയിട്ടില്ല തണുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് മറ്റൊരു ഉദാഹരണം പറയുന്നു പക്ഷേ രാമൻ പറയുന്നു ഞാൻ എന്താണോ ശമ്മതിയുതം കഥം ദുഃഖം ഈ ദുഃഖത്തിന് ഒരു അറുതി വരുന്നത് എന്ന് ചിന്തിക്കുന്നു ദുഃഖമുണ്ട് ദുഃഖത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടിപ്പോ അവസ്ഥ എന്തായി ഡബിൾ ആയി എന്നാണ് ഇത് ചിന്തയ ഈ ചിന്ത കൂടെ ഒന്ന് ഉള്ളിൽ ദുഃഖമുണ്ട് എനിക്ക് പലതര പ്രശ്നങ്ങളുണ്ടല്ലോ അതിനുള്ളിൽ ദുഃഖമുണ്ട് പിന്നെ ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോ വിഷാദത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയും വിഷാദത്തെ മൂർച്ഛിപ്പിക്കുന്ന എന്താണ് അവരുടെ സ്വയം വിഷാദത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എന്ന് പറയും സ്വയം അവർ വിഷാദത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് വിഷാദ രോഗത്തെ മൂർശിക്കുന്നത് അതുകൊണ്ട് അവരെ കൗൺസിലിംഗ് നടത്തുന്നവരെന്താണ് പറയുന്നത് നിങ്ങൾ ശരിക്കും വിഷാദത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക വിഷാദത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്ന പിന്നെ വിഷാദ ചിന്ത നിങ്ങളെ കൂടുതൽ വിഷാദത്തിലേക്ക് നയിക്കത്തില്ല എന്നാണ് അതാണ് ഒന്നാമത്തെ ചികിത്സ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം വിഷാദത്തെക്കുറിച്ചുള്ള അത് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ എന്നെ വിശ വിശദീകരിച്ച് പറയാമോ എന്തിനെക്കുറിച്ച് അത് തന്നെയാണ് അതാണ് ദുഃഖത്തെ തീ തീയെക്കുറിച്ച് തീ പിടിച്ചു കഴിഞ്ഞാല് എങ്ങനെ തീയെ അണയ്ക്കണം എന്ന് ചിന്തിക്കുമ്പോ എന്താണ് തീയെക്കുറിച്ചും ചിന്തിക്കും പിന്നെ ഫയർഫോഴ്സിനെ കുറിച്ചും ചിന്തിക്കും വിഷാദ രോഗികൾ എന്താണ് ചെയ്യുന്നത് തീയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഫയർഫോഴ്സിനെ കുറിച്ചായിരിക്കില്ല ചിന്തിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി പറയാം രാമനും പറയുന്നതാണ് ഇത് പരിഹരിക്കുകയല്ല എൻ്റെ ചിന്ത എന്ത് ചെയ്യുന്നു എൻ്റെ എന്റെ വിഷാദത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ചിന്ത അപ്പോ എന്തിനെ കുറിച്ചാണ് പരിഹാരത്തെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് തന്നെ അതായത് സ്വയം പറയേണ്ട എന്റെ വിഷാദ ചിന്തകൾ എന്റെ വിഷാദത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോ അയാളുടെ ചിന്തയിൽ വിശമുണ്ട് എന്താണ് അയാൾ ചിന്തിക്കുന്ന വിഷാദത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് അയാൾക്കറിയില്ല അപ്പോൾ വിഷാദത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വിഷാദം പരിഹരിക്കുമെന്നാണ് തെറ്റിദ്ധരിക്കുന്നത് വിഷാദത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം ഇത് കഴിയിട്ടെ അവിടെ കാര്യം പറഞ്ഞിവിടെ അത് ആവശ്യമാണ് തൊണ്ണൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഭൂരിപക്ഷം പേർക്കും വിഷാദമാണ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് അത് പലരും തിരിച്ചറിയുന്നില്ല ചിലർ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ വിഷാദിക്കുന്നു എന്നുള്ള വ്യത്യാസവും അപ്പോ ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ആശ്രമത്തിലൊക്കെ ഒന്ന് താമസിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കും നാട്ടുകാർ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ആ പ്രശ്നം നമുക്കൊന്ന് ചിന്ത ചിന്തയുണ്ട് ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ചർച്ച ചെയ്യാം ഇവിടെ പറയുന്നത് അത് തന്നെയാണ് എൻ്റെ ഈ ചിന്തകൾ ഇതെങ്ങനെ ശമിക്കും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ് എൻ്റെ ഈ ദുഃഖത്തെക്കുറിച്ചാണ് അത് എന്താണ് ഇതിനെ ശമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വർദ്ധിപ്പിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിന്തകളെല്ലാം വീണ്ടും വിഷാദത്തെക്കുറിച്ച് പരിഹാരം എന്ന് പറയുന്നത് ചിന്ത കൊണ്ട് സാധിക്കില്ല അതിനി വ്യാസനും അല്ല വസിഷ്ഠനും വിശ്വാമിത്രന്റെയും ചിന്തയാണ് പരിഹാരം രാമന്റെ ചിന്ത ഇപ്പോ രോഗി തന്നെ എന്ത് ചെയ്യുന്നു ഡോക്ടറാകുന്നു ചില സ്ഥലം അത് വിജയിക്കും എല്ലായിടത്തും വിജയിക്കത്തില്ല അതിന് എക്സ്പെർട്ട് ആയാലേ പറ്റും സംസാര ദുഃഖ പാഷാണ നീരന്ത്രഹൃദയോപ്യഹം നിജലോക ഭയാദേവ ഗളത് ബാഷ്പം നരോതി രോതിമി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംസാര ദുഃഖ പാഷാണ സംസാര ദുഃഖമാകുന്ന പാഷാണം പാറകളെ കൊണ്ട് നിറഞ്ഞ നിരന്തരമായ അതിൻ്റെ അകത്ത് നീ സൂചി കടത്താൻ ഇടമില്ല അതാണ് നിരന്ത്രം രന്ധ്രമില്ലാത്ത സുഷിരങ്ങളില്ലാത്ത അതായിപ്പോയി എൻ്റെ ഹൃദയം അപ്പൊ എന്താണ് ദുഃഖം ഖനീഭവിച്ച ഹൃദയം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു ഹൃദയത്തോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ ദുഃഖമല്ലാതിപ്പോ വേറൊന്നുമില്ല ആത്മീയമായ വിചാരം ചെയ്തിട്ടും സംസാരത്തിന്റെ നിസ്സാരതയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും രാമനിപ്പോ എന്താ ഉള്ളത് ദുഃഖം മാത്രം അപ്പൊ ഇതാണോ ആത്മീയ ചിന്ത ഹൃദയത്തിൽ ദുഃഖത്തെ നിറയ്ക്കുന്നതാണ് ആത്മീയ ചിന്ത അല്ലല്ലോ ഇപ്പൊ ചിലർ പറയും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് മോക്ഷം നേടിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കരയേണ്ടതല്ലേ കരഞ്ഞാലല്ലേ മോക്ഷം കിട്ടും രാമൻ കരയുന്ന കാര്യം പറയണം എന്താണോ ഈ അവസ്ഥയിൽ നിജലോകഭയാവള ഭാഷ മീ ഞാൻ എൻ്റെ കൂടാരുണ്ട് എൻ്റെ അമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് സേവകന്മാരുണ്ട് സേവികന്മാരുണ്ട് പിന്നെ ഈ പറയുന്ന ഗുരുക്കന്മാരുണ്ട് അച്ഛനുണ്ട് എവരുടെ ഇടയിലാണ് ഇതാണ് നിജലോകം ഞാനൊരു സമൂഹത്താ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഭയം കൊണ്ട് എൻ്റെ ചുറ്റുപാടും എവരെല്ലാം ഇരിക്കുന്നു എന്നുള്ള ഭയം കൊണ്ട് എന്താണ് ഗളത് ബാഷ്പം ഇന്ന രോതിമി ഞാൻ കരയുന്നില്ല പക്ഷേ കണ്ണിനീരൊഴുകുന്നുണ്ട് അങ്ങനെ നമ്മൾ കരയാറുണ്ടല്ലോ വലിയ സങ്കടം വരുമ്പോൾ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് ആരും കേൾക്കാതെ കരയുക എന്ന് വെച്ചാൽ കണ്ണിനീരൊഴും കരച്ചിട്ട് പുറത്ത് കേൾക്കരുത് ഇങ്ങനെ ഞാൻ കരയുന്ന ആളാണെന്നാണ് കാരണം ദുഃഖം നിറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഈ ദുഃഖമൊന്ന് ഹൃദയത്തിൽ സാഹിത്യ ഭാഷയാണ് ഇതൊക്കെ ബ്രെയിനിലാണ് കേട്ടത് വീണ്ടും പഴയ ചിന്തയിലേക്ക് പോകരുത് പണ്ടുള്ളവർക്ക് ഇത് അറിയില്ലായിരുന്നു അവർ വിചാരിച്ച ദുഃഖമൊക്കെ ഹൃദയത്തിലാണ് ഹൃദയ ദുഃഖമെല്ലാം ബ്രെയിനിലാണ് അത് ഞാൻ പിന്നീട് പറയാം അവിടെ ഈ ദുഃഖം വരുമ്പോൾ എന്താണ് അത് കരഞ്ഞു തീർക്കുക പക്ഷേ കരയാൻ പറ്റുമോ ചുറ്റുപാടുമാണല്ലേ അവരെന്ത് വിചാരിക്കും അവർ പിടിച്ചോളം പറഞ്ഞ കരയിപ്പോൾ ആരും കാണാതെ കരയും അത് പറയുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മറ്റുള്ളവരെ ഭയന്ന് അവർ കണ്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് കരുതി ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ കരയും ഏകാന്തതയിലെന്ന് പറയും ആരും കാണാത്ത ഏകാന്തതയിൽ പോയി ഏകാന്തതയിൽ പോയിരുന്നാലും ശബ്ദം പുറത്ത് കേൾക്കുമല്ലോ ഇവിടെ ശബ്ദം പുറത്ത് കേൾക്കാതെ കരയുകയാണ് ഇതിനാണ് സൂപ്പർ വിഷാദം എന്ന് ഇങ്ങനെയാണ് വിഷാദം ഏത് രീതിയിലായാലും ശരി കേട്ടോ അല്ലാതെയായാലും ശരി വിഷാദം ബാധിച്ച ഒരു വ്യക്തി ഇങ്ങനെ തന്നെയായിരിക്കും ഒരു സംശയവും മാത്രമല്ല എന്താണ് ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം നിജലോ എന്താണ് ശൂന്യ മന്മുഖ വൃത്തിസ്ഥ വൃത്തികോദന നീരസാഹ വിവേകയെ അഹൃത് സംസ്ഥോ മമ ഏകാന്തേഷു പശ്യീ മമ ഏകാന്തതകളിൽ എല്ലാവം പറയാം ഞാനിപ്പോൾ കൂടുതൽ ഏകാന്തതകളിലാണ് എൻ്റേതായ ഏകാന്തതകൾ മറ്റുള്ളവരൊന്നും നകന്നിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് മൺമുഖവൃത്തി ശൂന്യ മുഖവൃത്തി മുഖം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ പ്രധാനമായ അർത്ഥം എന്താണ് വായെന്ന് ഹിന്ദിയിൽ മുഖ് എന്ന് പറയും മൗത്ത് എന്ന് പറയും ഇതെല്ലാം വായാണ് എല്ലാവരേപോലെയല്ലേ ശബ്ദങ്ങൾ അല്ല നമ്മൾ കണ്ണാടി കാണുന്നതിന് പറയും പക്ഷേ അത് സാധാരണ ഉപയോഗിക്കുക അപ്പൊ മുഖം വൃത്തി എന്ന് പറയുന്നത് എന്താണ് കരച്ചിൽ ഇവിടുത്തെ മുഖവൃത്തി എന്താണ് വായു വായുണ്ടൽ കരയുന്നതെന്ന് വെച്ചാൽ നിലവിളിക്കുന്നത് അതെല്ലാം എന്തായി ശൂന്യ അത് ശൂന്യമായി ഞാൻ വായ അടച്ചു പിടിച്ചിട്ടാണ് കരയുന്നതെന്ന് അർത്ഥം അതാണ് മൻമുഖമൃത്തി ഹീത്ത ശുഷ്കരോദനം പറയുന്നു അപ്പോൾ രോദനം എന്തായി ശുഷ്കമായി എന്ന് വെച്ചാൽ കണ്ണുനീരേ വായ അനങ്ങുന്നില്ല അതുകൊണ്ടെന്തായി നീരസമായി നടക്കും നീരസം ശുഷ്കം തന്നെ അപ്പോ അങ്ങനെ കരയുമ്പോ എന്താണ് എൻ്റെ മുഖവും നീരസമായി നട വായൊക്കെ വറ്റി വരണ്ട് വലിയ ദുഃഖം വരുമ്പോൾ എന്താ സംഭവിക്കുന്ന ദുഃഖം കൊണ്ട് മുഖവും ശരിക്കുള്ള മുഖവും ചലിക്കാതെ ഒരു വല്ലാത്ത അവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഒരു അവസ്ഥയെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ അവേർനെസ് എന്ന് പറഞ്ഞത് വിഷാദത്തിൻ്റെ വിഷാദത്തെക്കുറിച്ച് ബോധമുണ്ടായിരിക്കുന്നു അതാണ് അടുത്തു പറയുന്ന എന്താണ് ഹൃത്സംസ്ഥ വിവേക പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിവേകമുണ്ട് അതെന്ത് പശ്യതി എന്തിനെ പറ്റി എന്തിനെ കാണുന്നു എന്തിനെ അറിയുന്നു ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഞാൻ കരയുന്നില്ല അതെനിക്കറിയാം അതുകൊണ്ടാണ് രാമൻ രക്ഷപ്പെട്ടത് അതറിയാതിരുന്നാ പോയി പിന്നെ കുളംബാറ തന്നെ രാമന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു വിവേകം ഉണ്ടായിരുന്നു ആ വിവേകം കൊണ്ട് എന്ത് ചെയ്യുന്നു വിവേക ഏവ പശ്യ വിവേകമാണ് കൂടെ കർത്താവ് വിവേകം അറിയുന്നുണ്ട് വിവേകം എവിടെ ഇരിക്കുന്നു ഹൃത്സംസ് എന്ന് വെച്ചാൽ ബ്രെയിനിലിരിക്കുന്നു ഹൃത്തെന്ന് പറയുന്നിടത്തല്ല എന്ന് ഞാൻ ബ്രെയിൻ തന്നെ പറയത്തുള്ളൂ വീണ്ടും പഴയ അബദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ ബ്രെയിൻ തിരിക്കുന്ന വിവേകം ഉണ്ട് തിരിച്ചറിയുന്നു എന്ത് എൻ്റെ ഈ അവസ്ഥ എന്താണ് കരയാതെ കരയുന്ന അവസ്ഥ എൻ്റെ വിളറിയിരിക്കുന്ന മുഖം ശൂന്യമായ നാക്ക് ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വളരെ ആകെ പ്രശ്നത്തിലാണ് പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട് ഇത് പറയുമ്പോൾ എന്താണ് രണ്ടുപേരും എന്താണ് ഓ അപ്പോൾ ഒരു കഷ്ടം നിനക്കൊരു ഗുരുതരമായ അസുഖം പിടിപെട്ടിരിക്കുകയാണെന്നല്ല പറയുന്നത് അവർ പറയുന്നത് എന്താണ് ഇതൊക്കെ ഒരു ചിത്തത്തിൻ്റെ അവസ്ഥയാണ് വിഷാദം എന്ന് പറയുന്ന രോഗമല്ല ഇന്ന് പറയുന്നത് അത് ചിത്തത്തിൻ്റെ ഒരു അവസ്ഥയാണ് അതിന് പരിഹാരമുണ്ട് എന്ന് അത് അങ്ങനെ വിഷാദങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ തിരിച്ചറിഞ്ഞ പ്രശ്നം തീരത്തക്കതേ ഉള്ളൂ അവിടെ തീരും ഇതൊരിക്കലും ഒരു രോഗമുള്ള ഒരവസ്ഥയാണ് ഇനി പറയുന്നത് തന്നെയാണ് ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ രണ്ടിനും ചോദിക്കുന്ന എന്താണ് ഇത്രയുള്ളതും ഈ വലിയ വലിയ ഒരു നിലയിലെത്തിയിരിക്കുകയാണ് ഇപ്പൊ ശരിയാക്കാം എന്നാണ് രണ്ടുപേരും പറയുന്നത് അവർ ശരിയാക്കുകയും ചെയ്യും ഇങ്ങനെ തത്വജ്ഞാനത്തെക്കുറിച്ച് യോഗത്തെക്കുറിച്ച് ഒക്കെ ഉപദേശിച്ചു അപ്പോൾ ഇത് ഒരു പോരായ്മ അല്ല എന്നാണ് പറയുന്നത് പക്ഷേ രാമനെ സംബന്ധിച്ചിപ്പോൾ ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് അതിനെക്കുറിച്ച് രാമന് ശരിയായ ബോധമുണ്ട് ആ ബോധമുള്ളതുകൊണ്ട് രാമൻ രക്ഷപ്പെടുന്നു ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ രക്ഷപ്പെടുത്തി ഇതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം